നിങ്ങൾക്ക് മുമ്പുള്ളവരെ പോലെയാണ് അവർ നിങ്ങളെക്കാൾ ശക്തിയുള്ളവരും സമ്പത്തിലും സന്താനങ്ങളിലും കൂടുതലുള്ളവരുമായിരുന്നു അവർ തങ്ങളുടെ വിഹിതത്തിൽ നിന്ന് ആനന്ദം കണ്ടെത്തി നിങ്ങൾക്കു മുമ്പുള്ളവർ തങ്ങളുടെ വിഹിതത്തിൽ നിന്ന് ആനന്ദം കണ്ടെത്തിയതുപോലെ നിങ്ങളും ആനന്ദം കണ്ടെത്തി അവർ സംസാരിച്ചതുപോലെ നിങ്ങളും സംസാരിച്ചു അങ്ങനെയുള്ളവരുടെ കർമ്മങ്ങൾ ദുനിയാവിലും ആക്രത്തിലും വ്യർത്ഥമായിപ്പോയി അവരാകുന്നു നഷ്ടം സംഭവിച്ചവർ